അവരെ എവിടെ വെച്ച് കണ്ടത്തിയാലും നിങ്ങൾ വധിക്കുക അവർ നിങ്ങളെ എവിടെ നിന്നാണോ പുറത്താക്കിയത് അവിടെ നിന്ന് അവരെ പുറത്താക്കുകയും ചെയ്യുക കുഫറിലേക്കുള്ള പ്രേരിപ്പിക്കൽ കൊലപാതകത്തേക്കാൾ കഠിനമാണ് മസ്ജിദുൽ ഹറാമിങ്കൽ അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യരുത് എന്നാൽ അവർ നിങ്ങളോട് യുദ്ധം ചെയ്താൽ അവരെ വധിക്കുക സത്യനിഷേധികൾക്കുള്ള പ്രതിഫലം ഇപ്രകാരമാകുന്നു